അവർക്ക് കാര്യം മനസ്സിലായി മുദ്ര നമുക്ക് നല്ല പരിചയമുണ്ട് കാരണം ഇന്ന് മുദ്രയിലൂടെ സംസാരിക്കുന്നവരാണ് അധിക പേരും വീട്ടിലൊക്കെ മുദ്ര ഉണ്ടെങ്കിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ ചിലപ്പോ ആരെങ്കിലുമൊക്കെ വന്ന സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ അവരോട് വർത്തമാനം പറയുമ്പോൾ കുട്ടികൾ ബഹളം വെച്ചാൽ ആ മുദ്ര കൊണ്ട് അവർക്ക് മനസ്സിലാവും ഉണ്ടാതിരിക്കുമെന്നുള്ളത് പിന്നെ വീട്ടിൽ ചിലപ്പോ അമ്മ വല്ല കുരുത്തക്കേട് ചിലപ്പോ ഒപ്പിക്കും എന്തെങ്കിലും ആർക്കെങ്കിലും ഫ്രീ എടുത്തു കൊടുക്കുക എന്തെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കുന്നത് മക്കൾ കാണും അപ്പൊ പറയും ഇന്ന് അച്ഛൻ വരട്ടെ ശരിയാക്കി തരാം അമ്മയുണ്ട് അച്ഛനോട് പറയും പറയുമ്പോ അച്ഛൻ വീട്ടിൽ വരുമ്പോ അല്ലെങ്കിലേ ടെൻഷനിലാണ് വരുന്നത് ആ സമയത്ത് അമ്മ ആ കുട്ടി പറയും അച്ഛ ഇന്നുണ്ടല്ലോ അമ്മ എന്ന് പറയുമ്പോഴേക്കും അമ്മ തുടങ്ങും അയ്യോ പറയേണ്ട നാളെ എനിക്ക് അപ്പ തരാം ആ കുട്ടിക്ക് മനസ്സിലാവുക മുദ്ര എന്നുള്ളത് മുദ്രയിലൂടെയാണ് എല്ലാവരും വർത്തമാനം പറയും മുദ്രയിലേക്ക് കണ്ടില്ലേ പോലീസുകാരൊക്കെ മുദ്രയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാഫിക് സിസ്റ്റം ഒക്കെ മുദ്രയാണ് അവർക്ക് മനസ്സിലാവും ആളുകൾക്ക് മനസ്സിലായി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിർത്താനാണെന്ന് പോലീസുകാരെങ്ങനെ കാണിച്ചാൽ നമ്മളാരും പോലീസുകാരുടെ അടുത്ത് പോവാറില്ലേ ഒരിക്കൽ ഡൽഹിയിലാണ് അവിടെ ഇന്റർനാഷണൽ ഇതുണ്ട് നമ്മുടെ സാംസ്കാരിക നിലയുണ്ട് അവിടെ കഥകളി നടന്നുകൊണ്ടിരിക്കുകയാണ് കഥകളി എന്താണ് ഡാൻസ് ഭരതനാട്യം ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നടത്തുന്നത് അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷുകാർ നേരെ സ്റ്റേജിലേക്ക് കയറി ചെന്നു അപ്പൊ അവിടുത്തെ അവർ നിങ്ങൾ എന്തിനാ കയറി ചെന്ന് ഇല്ലേ അവളിങ്ങനെ വിളിച്ചു ഭരതനാട്യത്തിലെ ഒരു മുദ്രയാണ് തോന്നുന്നു അത് വിളിക്കല്ല അപ്പൊ പൊട്ടും അവ ഇങ്ങനെ ഈ മുദ്ര മുദ്രയെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് നമ്മുടെ ഈ പഴയ കൊട്ടാരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സാമൂതിരിയിൽ അവിടെയൊക്കെ ഈ നടക്കും വിദ്വാൻമാരുടെ സഭ നടക്കും അതിലെ ഈ മുദ്രകളെക്കുറിച്ചുള്ള സംവാദങ്ങളൊക്കെ നടക്കും മുദ്ര മുദ്രയിലൂടെ സംസാരിക്കുക അപ്പൊ അങ്ങനെ ഒരു തമാശയുണ്ട് എന്നാലും ഒരു ആസ്വദിക്കാം അപ്പൊ ആ കാലഘട്ടത്തിൽ വളരെ പേരുകെട്ട വിദ്വാൻ അത് മുദ്രാശാസ്ത്രം അറിയുന്ന ഒരു വിദ്വാൻ അവിടെ എത്തിച്ചേർന്നു എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചു ഡേ നിങ്ങളുടെ രാജ്യത്തിൽ മുദ്ര അറിയുന്ന ഞാൻ പറഞ്ഞ സമ്മാനം അവർക്ക് കൊടുക്കുക കഴുത്തിൽ കിടക്കുന്ന പവിഴമാലവന് ചാർത്തുന്നു രാജാവിനത് വലിയ അഭിമാന മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഡേ നല്ല മുദ്രാശാസ്ത്രം അറിയുന്ന ഒരു തന്നെ കൊണ്ടുവരണം എന്ന് എവിടുന്നായാലും വേണ്ടിയില്ല ഇവന്റെ ഈ പണ്ഡിതന്റെ എല്ലാ അഭിമാന ദുരഭിമാനം തകർക്കണം നമുക്ക് മന്ത്രിമാര് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഒരു കുട്ടിയില്ല നാട്ടില് മുദ്ര അറിയുന്നത് ഒരു മന്ത്രി തന്റെ ഭാര്യയോട് പറഞ്ഞു നോക്കൂ ആകെ അപകടത്തിലാണല്ലോ കാര്യം ഒരു മുദ്ര അറിയുന്നൊരു വിദ്ധാനെ കിട്ടാനില്ലല്ലോ ഭാര്യ ഇത് കേട്ടിട്ട് അമ്മാവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭർത്താവിന് വലിയ പ്രശ്നത്തിലാണ് മുദ്ര അറിയുന്ന ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ രാജാവ് ഒരു പക്ഷെ പുറത്താക്കോലും ചെയ്യുന്നു ഇവിടെ അമ്മാവൻ പറഞ്ഞു അതിനെന്തിനാ നീ പേടിക്കുന്നത് ഞാനുണ്ടല്ലോ ഇവിടെ നിന്ന് അപ്പൊ അമ്മാവൻ അനു വച്ചാൽ നല്ല കള്ളു കുടിക്കുന്ന ആളാ അപ്പൊ അമ്മാവിനോട് അമ്മാവ അമ്മാവ് അങ്ങനെ കള്ളും കുടിച്ച് നടക്കുന്ന ആൾക്ക് എന്ത് മുദ്രയ അറിയാന്ന് എടി ഞങ്ങൾ കള്ളുഷാപ്പിൽ ഒരുപാട് മുദ്ര കാടിക്കുന്നവരാണെന്ന് അതുകൊണ്ട് നീ പേടിക്കണം അല്ല അമ്മാവ ഇത് അതല്ല ഇത് വലിയ പണ്ഡിതനാ വരുന്നത് നീ പേടിക്കേണ്ടടി ഞാൻ പോവാ എന്ന് പറയൂ അങ്ങനെ മന്ത്രിയോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു തീ അമ്മാവൻ പോവാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആ വലിയ വിദ്വാന്റെ മുന്നിൽ നിന്റെ അമ്മാവൻ കള്ളും കുടിച്ച് നടക്കുന്ന ആള് മുദ്രയ്ക്കും വേണ്ടി പോയി എന്നിട്ട് എന്റെ പേര് ചീത്ത പേരാക്കി എന്റെ മന്ത്രിസ്ഥാനം കളി അയ്യോ ഉടനെ അമ്മാവൻ എത്തിയിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ ജോലി ഒന്നും ഞാൻ കളയില്ല നിനക്ക് ഞാൻ പവിഴമാല വാങ്ങിച്ചു തരും എനിക്കറിയാം ഞാനെന്റെ കുട്ടിക്കാലത്ത് പഠിച്ച മുദ്ര എന്ന് അപ്പൊ തോന്നി മുദ്ര പഠിച്ചിട്ടുണ്ടാവും ഇനി അമ്മാവൻ ഏതായാലും അമ്മാവനെ ഈ കോലത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല സമാവിനെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഒരു ശാസ്ത്രികളുടെ കെട്ടൊക്കെ കെട്ടിയിട്ട് നല്ല അരയിലൊക്കെ നല്ലവണ്ണം ബെൽറ്റും കാര്യങ്ങളൊക്കെ കെട്ടി നേരെ സഭയിൽ കൊണ്ടുപോയിട്ട് രാജാവിനോടൊരു രാജൻ രാമശാസ്ത്രികളാണ് അദ്ദേഹം രാജാവ് ഏത് രാജ്യത്തിലുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പേരും പ്രശസ്തി ഒന്നും അതുകൊണ്ട് അത്രയും കാലം അറിയപ്പെടാൻ മുദ്രയൊക്കെ അറിയൂ കേമായിട്ട് അറിയുന്നു എന്നാൽ തുടങ്ങിക്കൊള്ളൂ രണ്ട് സിംഹാസനങ്ങൾ കൊണ്ടുവന്നു ഒരു സ്ഥലത്ത് രാമശാസ്ത്രികളും ഒരു വശത്ത് വിദ്വാൻ അങ്ങോട്ടിയിരുന്നു ഇവര് തമ്മിൽ മുദ്രയിലൂടെ ഭാഷണം എല്ലാ മന്ത്രിമാരും രാജാവും ഇങ്ങനെ വളരെ ഉത്കണ്ഠയോടുകൂടി ആശ്ചര്യത്തോടുകൂടി ഒക്കെ നോക്കുകയാണ് രാജാവിന്റെ മനസ്സിൽ പേടിയുണ്ട് നമ്മളെ രാമശാസ്ത്രികൾ തോൽക്കൂ എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ മറ്റേ വിദ്വാൻ തുടങ്ങി ഒരു വിരലിങ്ങനെ കാണിച്ചു രാമശാസ്ത്രികൾക്ക് ഒട്ടും സംശയം രണ്ടു വിരലിങ്ങനെ കാണിച്ചു കൊടുത്തു രാജാവിന് വളരെ സന്തോഷമായി അപ്പോ എത്ര വേഗത്തില അയാൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നത് ഇത്രയൊക്കെ വിദ്വാനാണോ അയാൾ പണ്ഡിത്യുണ്ടോ എന്ന് അപ്പം മറ്റേ വിദ്വാൻ അയാൾക്ക് സംശയമില്ല അയാൾ മൂന്ന് പേരൽ ഉയർത്തി ഉടനെ തന്നെ നമ്മുടെ രാമശാസ്ത്രികൾ നാല് പേരിൽ ഉയർത്തി അപ്പം പണ്ഡിതൻ ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ എന്താണെന്ന് ഏതായാലും അയാൾ അഞ്ചു പേരിൽ ഉയർത്തി ആ സമയത്ത് നമ്മുടെ രാമശാസ്ത്രികൾ ഒരു വട്ടം ഇങ്ങനെ ഇട്ടിട്ട് ഒരു വിരലും കൂടി കാണിച്ചു അതിലാ പണ്ഡിതൻ വീണുപോയി ആ വട്ടത്തിലെ മുദ്ര അയാൾക്ക് മനസ്സിലായില്ല അയാൾ ഉടനെ തന്നെ അവിടെ എണീറ്റിട്ട് രാമശാസ്ത്രികളുടെ കാൽക്കൽ വീണുകൊണ്ട് തൻ്റെ പവിഴമാലെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു രാജാവിനോട് പറഞ്ഞു ഇത്രയും പണ്ഡിതനായിട്ടുള്ള ഒരു തന്നെ ഞാൻ ഈ ഭൂലോകത്തിൽ കണ്ടിട്ടില്ല നിങ്ങളുടെ പണ്ഡിതൻ കേമൻ തന്നെയാണ് അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ട് രാജാവ് സ്വർണ്ണക്കഴി കൊടുത്തു രാജാവനെങ്ങനെ സന്തോഷം കൊണ്ട് പതിവർക്കുന്നത് അവിടെ മന്ത്രിയാണെങ്കിൽ അതിനപ്പുറത്താണ് കാരണം എന്റെ അമ്മാവൻ എന്റെ അഭിമാനം രക്ഷിച്ചു പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എനിക്ക് എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാജാവ് പണ്ഡിതിനെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെ സംസാരിച്ചതെന്ന് അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞു ഇവര് പരസ്പരം കേൾക്കുന്നില്ലേ എന്താ പറഞ്ഞത് രാജൻ ഞാൻ പറഞ്ഞു ബ്രഹ്മം ഈശ്വരൻ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു ഉടനെ അയാൾ പറയാണ് ജീവനെന്നും ഈശ്വരനൊന്നും രണ്ടുണ്ടല്ലോ ഒന്നാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഈശ്വര സങ്കല്പവും ജീവസങ്കല്പവും വേറെയാണല്ലോ രണ്ടാണല്ലോ ശരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ത്രിമൂർത്തികൾ വേറെ മൂന്നുണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെയാണല്ലോ സങ്കല്പ അപ്പൊ അദ്ദേഹം പറയാണ് വേദം നാലാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മഹാഭാരതം പഞ്ചമവേദം അഞ്ചാണെന്ന് ആ സമയത്ത് അയാളൊരു വട്ട ഇട്ടിട്ട് ഒന്ന് കാണിച്ചു അതെനിക്ക് മനസ്സിലായില്ല മുദ്ര അതിൽ ഞാൻ തോറ്റുപോയിരുന്നു ഉടനെ ഇത് കഴിഞ്ഞിട്ട് രാമശാസ്ത്രികൾ വിളിച്ചു രാജാവ് ചോദിച്ചു നിങ്ങളെന്താ അങ്ങോട്ട് മറുപടി കൊടുത്തതെന്ന് അപ്പൊ ഉടനെ രാമശാസ്ത്രി പറയാണ് അവൻ എന്നോട് പറയാണ് ഒരു കുപ്പി കഴിക്കുന്നത് ഞാൻ രണ്ടു കുപ്പിയൊക്കെ ദിവസവും കഴിക്കുന്ന ആളാണ് എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ അവൻ പറഞ്ഞു മൂന്ന് കഴിക്കുന്നു ഞാൻ നാല് ശരിക്കും കഴിക്കും അപ്പൊ അവൻ അഞ്ചു കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്ര കൂടെ വെയ്യ ഞാൻ പറഞ്ഞു ഒരു പപ്പടം കൂടി കിട്ടിയാൽ ഒന്നും കൂടി ആവാമോ അതാണ് ആ വട്ടം പറഞ്ഞത് രാജാവ് ഞെട്ടിപ്പോയി ഈ മുദ്ര ഈ പഠനമൊക്കെ പപ്പടം കൂടി കിട്ടി ഞാൻ അപ്പൊ അങ്ങനെയുള്ള മുദ്രയല്ല ഈ മുദ്രയ്ക്ക് പറയുക ചിൻ മുദ്ര എന്ന് പറയാം ചിൻ മുദ്ര എന്ന് പറഞ്ഞാൽ ചൈതന്യ മുദ്ര എന്നർത്ഥം അപ്പോ എന്താണ് ഈ മുദ്രയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഓരോ വിരലുകളും നമ്മുടെ ശരീരത്തിലെ ഓരോ തത്വങ്ങളെ കാര്യങ്ങളെ കാണിച്ചു വരുന്നു ഏറ്റവും ചെറിയ വിരൽ ശരീരത്തിൻ്റെ സ്ഥൂലഭാവത്തെ കാണിച്ചു വരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് പോലും അറിയാം ബാത്റൂമിൽ പോകണമെങ്കിൽ ഈ വിരലെ അവർ ഉയർത്തുള്ളൂ ശരീരത്തിൻ്റെ സ്ഥൂലഭാവത്തെ അത് കാണിക്കുകയാണ് മോതിര വിരൽ മനസ്സിൻ്റെ ഭാവത്തെ കാണിച്ചു വരുന്നു അതുകൊണ്ടാണ് വിവാഹം നടക്കുമ്പോൾ മോതിരവിരലിലാണ് ഈ റിംഗ് അണിയുക വേറൊരു വിരലിലും അണിയില്ല അത് മനസ്സും മനസ്സും തമ്മിലുള്ള ഒരു ഐക്യമാണ് മനസ്സും മനസ്സും തമ്മിലുള്ള ബന്ധമാണ് ഒരു വലയമാണ് വിവാഹം ശരീരം തമ്മിലുള്ള കോൺട്രാക്റ്റല്ല മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണ് അതുകൊണ്ടാണ് ജ്യോതിഷം നോക്കുമ്പോൾ മനപ്പൊരുത്തമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട പറയുന്നത് മൂന്നാമത്തത് നടുവിരൽ ബുദ്ധിയുടെ പ്രതീകമാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ബുദ്ധിയാണ് വിവേകമാണ് നമ്മുടെ ജീവിത എങ്ങനെ വേണമെങ്കിലും മാറ്റിമറയ്ക്കാൻ വിവേകം കൊണ്ട് നമുക്ക് സാധിക്കും നാലാമത്തെ ചൂണ്ടുവരൽ ഞാനെന്ന അഹംഭാവത്തിന്റെ പ്രതീകമാണ് അപ്പൊ അഹംഭാവം വരുമ്പോഴാണല്ലോ നമ്മൾ ഈ വിരൽ ചൂണ്ട എന്നെ പാഠം പഠിപ്പിക്കുന്ന ഒരുത്തൻ ദേഷ്യപ്പെട്ട് പറയുമ്പോ ഒരിക്കലും ഇങ്ങനെ ചെറുവിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് എപ്പോഴും ചൂണ്ടുവരൽ ചൂണ്ടിയിട്ടേ പറയാറുള്ളൂ അഹംഭാവത്തിൻ്റെ പ്രതീകമാണത് തള്ളവരൽ ഈശ്വരന്റെ പ്രതീകമാണ് ഈശ്വര ചൈതന്യം ശരീരത്തിലില്ലെങ്കിൽ ഈ ശരീരം ജഡമാണ് തള്ളവരൽ ഇല്ലെങ്കിൽ ഈ നാല് വിരലുകൾക്കും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യല്ല അവിടെ നാല് വിരലുകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് വാസ്തവത്തിൽ അഞ്ചാമത്തെ ഈ അതുകൊണ്ടാണ് ഏകലവ്യൻ എന്നും ഗുരുദക്ഷിണ ചോദിക്കുമ്പോൾ ചോദിച്ചവരൽ തള്ളവിരലാണ് പിന്നെ അസ്ത്രം ഉപയോഗിക്കാൻ സാധ്യല്ല പറയാണ് എന്ത് പിടിക്കണമെങ്കിലും തള്ളവിരൽ വേണം ഇതുപോലെ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണമെങ്കിലും ഈശ്വരന്റെ സാന്നിധ്യം വേണം അപ്പൊ പറയാണ് ഈ അഹംഭാവത്തെ ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയർത്തലാണ് അല്ലെങ്കിൽ അതിലേക്ക് സമർപ്പിക്കലാണ് ചിൻമുദ്രൻ ഞാനെന്ന ഭാവത്തിൽ നിന്നും ഞാനെന്ന ഭാവമത് തോനായികവേനമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോനേണമേ വരതനാരായണ ഈ ഭാവത്തിലേക്ക് മനസ്സിനെ ഉയർത്താനാണ് ഈ ഒരു എന്താണ് ചിന്മുദ്ര പറഞ്ഞിരിക്കുന്നത് അപ്പോ ശബരിമലയ്ക്ക് പോകുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുമ്പോൾ എന്ത് വ്രതമാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു കറുപ്പെടുക്കുന്നതും മാല വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിനെ ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയർത്താനുള്ള ശക്തിയും കഴിവും എല്ലാം എന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ഉണർത്തലാണ് വ്രതം അതുകൊണ്ടായിരിക്കാം ഈ ശബരിമല വ്രതം ഓൽക്കുന്ന ആളുകൾക്കുണ്ടല്ലോ കൂടുതൽ ഊർജവും ഉണർവും പ്രസരിപ്പും ഉണ്ടാവും രാവിലെ എണീക്കുന്നു അവര് ഒരു ചിട്ടയോടുകൂടി ജീവിക്കുന്നു വേണ്ടാതീനങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് ഉണർവ് വരുന്നവരെയാണ് അപ്പൊ വരെ സന്തോഷമായിട്ട് ഉത്സാഹമായിട്ട് ജീവിക്കും എന്നതിൻ്റെ പ്രതീകമാണ് വ്രതന്ത് പ്രിയാൻ രണ്ടാമത് ഇരമുടിക്കെട്ടൊക്കെ എന്തി ശബരിമലയിലെത്തി ആ പതിനെട്ട് പടികൾ കടക്കുമ്പോൾ ഈ പടികളെന്ന് പറയുന്നത് കേവലം കരിങ്കൽ പടിയല്ല മറിച്ച് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കുള്ള യാത്രയാണ് അപ്പോ അഞ്ച് പഞ്ചമഹാഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയ മനസ്സ് ബുദ്ധി തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്ഥൂലഭാവത്തിൽ നിന്നും മനസ്സിനെ സൂക്ഷ്മതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവസാനം അവിടെ എത്തുമ്പോൾ ഉണ്ടാവേണ്ട അനുഭൂതിയാണ് തത് ത്വം അസി അതിനെ തത്വം മഹാവാക്യം എന്ന് പറയും തത് ത്വം അസി എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്ന ചൈതന്യവും എന്നിൽ ചൈതന്യവത്താക്കുന്ന ചൈതന്യവും ഒന്നാകുന്നു എന്നനുഭൂതി ഈ അനുഭൂതിയെ ദൃഢമാക്കാനാണ് നാളികേരം പൊട്ടിച്ചുകൊണ്ട് നെയ് ഭഗവാന്റെ വിഗ്രഹത്തിൽ സമർപ്പിക്കുന്നത് നെയ് മനസ്സിന്റെ പ്രതീകമാണ് നെയ്ക്ക് കട്ടികൂടാനും സാധിക്കും നെയ്ക്ക് ഉരുകി വ്യാപിക്കാനും സാധിക്കും നമ്മുടെ മനസ്സിൽ സ്വാർത്ഥത വരുമ്പോ അത് ശരീരത്തിൽ ഒതുങ്ങി നിൽക്കും അത് നിസ്വാർത്ഥമായി തിരുന്തോറും ഭഗവത് പ്രേമം കൂടും അത് വ്യാപിക്കാൻ തുടങ്ങുന്ന പ്രിയാണ് അപ്പൊ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കണം അതിനെന്ത് വേണം ഈ അഹങ്കാരമാകുന്ന അഹംഭാവമാകുന്ന നാളികേരത്തെ ഉടയ്ക്കണം അങ്ങനെ ഉടയ്ക്കുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും മനസ്സുകൊണ്ട് ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ കഥകളിലൂടെയും ചില അനുഷ്ഠാനങ്ങളിലൂടെയും കാണിച്ചു തരുന്നതാണ് ശബരിമല തീർത്ഥാടനം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പോവുന്നതിലൊരു അർത്ഥമുണ്ട് അല്ലെങ്കിലോ വെറുതെ ഇങ്ങനെ യാന്ത്രികമായിട്ട് കുറെ പോവും എത്ര കൊല്ലം പോയി നാൽപ്പത് കൊല്ലം എന്നിട്ടും നമ്മുടെ അവസ്ഥ ശങ്കരൻ വീണ്ടും തെങ്ങിലാണ് മനസ്സിലായില്ലേ ഒരു ഉയർച്ച ഉണ്ടാവില്ല ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ സ്വാമിയായിട്ട് പോവും അവിടുന്ന് ഇറങ്ങുമ്പം ആസാമിയായിട്ട് തിരിച്ചു വരും ഒരു മാറ്റവും നമ്മളിൽ ഉണ്ടാവില്ല പറയാൻ നോക്കൂ നിങ്ങൾ എത്ര ആളുകൾ വ്രതമൊക്കെ എടുത്തിട്ട് അവിടെ പോകുന്നു ആ പതിനെട്ടാം വടി ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണോ ഉപേക്ഷിച്ചത് അതൊക്കെ വീണ്ടും അവിടുന്നേ തുടങ്ങി എല്ലാ ദോഷങ്ങളും എന്ന് പറയാണ് അപ്പൊ ആ പോക്കിലൊരു അർത്ഥമില്ല പോകുന്ന വിളി ആ വിളിച്ചു പറയുന്നതിൽ പോലും ആത്മാർത്ഥ നഷ്ടപ്പെടുന്നു സ്വാമി പണ്ടൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു ആത്മാർത്ഥ ഉണ്ടായിരുന്നു അതൊന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ അതുപോലെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ഇതൊക്കെ വിളിച്ചു പറയുമ്പം ഇപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് കേട്ടത് ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുകയാണ് അയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് കല്ലുമ്പുള്ളു സ്വാമിക്ക് ഇനിയിപ്പോൾ അതായിട്ട് തന്നെ നമുക്ക് എന്നുള്ളതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് യാന്ത്രികയില്ലാതെ യാന്ത്രികതയില്ലാതെ ഒരു യാന്ത്രികമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം ഓ അതൊക്കെ സഹിക്കാം ഞങ്ങൾ ഇപ്രാവശ്യം ശബരിമലയിൽ ഒരു സപ്താഹം നടത്തേണ്ടായി കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് അപ്പോൾ ഒരു കൂട്ടം ആളുകളങ്ങനെ പോകുന്നുണ്ട് സ്വാമി അയ്യപ്പൂ ആരെ കാണാം പിന്നെ കാണാം എന്ന് അത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലേ ആരെ കാണാൻ സ്വാമിയെ കാണാൻ ഈ പിന്നെ കാണാന്നുള്ളത് കേട്ടപ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എന്തായാലും പറയും അപ്പൊ മൊബൈൽ ഫോൺ കൂടെയാണ് വിളിച്ചു പറയുന്നത് വീട്ടിലാർക്കും വിളിച്ചു പറയാ ീ കാണപ്പോഴത്തെ ഭക്തി പറയുന്നത് അതൊക്കെ ഒരു യാന്ത്രികതയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ഇതെല്ലാം അല്പം ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുമ്പോൾ അയ്യപ്പൻ എന്നത് വിഗ്രഹമായി ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ടിരിക്കുക അതെല്ലാം നമ്മളിൽ തന്നെയുള്ള ഈശ്വര ചൈതന്യത്തിലേക്കുള്ള നമ്മുടെ മനസ്സിന്റെ പരിവർത്തനത്തെയായിട്ട് കാണിച്ചു അതിനുശേഷം പിന്നീട് മഹാബലീ ചരിതം പറയുന്നു നമുക്ക് ഒന്ന് രണ്ട് അധ്യായങ്ങളൊക്കെ വായിച്ചതിനു ശേഷം സമയത്തിനനുസരിച്ച് നോക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം